നിങ്ങൾ അവരുടെ അടുക്കിലേക്ക് മടങ്ങുക അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത സൈന്യവുമായി ഞങ്ങൾ തീർച്ചയായും അവരുടെ അടുക്കൽ വരും അവരെ അവിടെ നിന്ന് നിസ്സാരരും അധഃസ്ഥിതരുമായി ഞങ്ങൾ പുറത്താക്കുകയും ചെയ്യും